സമ്പത്തിനെ കൈവിടാതെ സത്യത്തിൽ ദൃഢമായി പിടിച്ചുകൊണ്ട് തന്റെ സർവ ഐശ്വര്യങ്ങളെയും തട്ടിയെടുക്കാൻ വാമനമൂർത്തി വന്നിട്ടും അതിന്റെ മുന്നിൽ അൽപ്പം പോലും കുലുങ്ങാതെ സ്വന്തം ഗുരുവിന്റെ ശാപം കിട്ടിയിട്ടും ആ ഭഗവത് സത്യത്തെ വിടാതെ ഭഗവാന്റെ മുന്നിൽ സാദനം തലകുനിച്ച ഒരു വലിയ മഹാഭക്തനാണ് പരമഭക്തനാണ് മഹാബലി അതുകൊണ്ട് ഭാഗവതം മനസ്സിലാക്കിയ പന്ത്രണ്ട് പേരിൽ ബലിയുടെ പേരും യവരാജാവ് ഓർമ്മിപ്പിക്കുകയാണ് ഒരു മനോഹരമായ കഥയിലുള്ളത് അവതരിപ്പിക്കുന്നു സമയം നമ്മൾ അനുവദിക്കാത്തതുകൊണ്ടത് ഉച്ചയ്ക്ക് ശേഷമാക്കാം നമുക്ക് സർവത്ര ഗോവിന്ദനാമസീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീകൃഷ്ണ ശരണം ശ്രീകൃഷ്ണ ശരണം ശ്രീകൃഷ്ണ ശരണം ഹരേ രണം ശ്രീകൃഷ്ണ ശരണം ശ്രീകൃഷ്ണ ശരണം ഹരി ശ്രീകൃഷ്ണ ശരണം ശ്രീകൃഷ്ണ ശരണം ശ്രീകൃഷ്ണ ശരണം ഹരേശരണം ശ്രീകൃഷ്ണ ശരണം ശ്രീകൃഷ്ണ ശരണം ശ്രീകൃഷ്ണ ശരണം ഹരേ രണം ശ്രീകൃഷ്ണ ശരണം ശ്രീകൃഷ്ണ ശരണം ഹരേ ശ്രീകൃഷ്ണ ശരണം ഹരേകൃഷ്ണ ശരണം ശ്രീകൃഷ്ണ ശരണം ശ്രീകൃഷ്ണ ശരണം ഹരേ ുലതിലകം യശോതപംകൃഷ്ണം ഹരേ യു കൂലതിലകം യശോദം ശരണം ഹരി ശ്രീകൃഷ്ണ ശരണം ഹരി ശ്രീകൃഷ്ണ ശരണം ശ്രീകൃഷ്ണ ശരണം ശ്രീകൃഷ്ണ ശരണം ഹരി ശ്രീകൃഷ്ണ ശരണം ശ്രീകൃഷ്ണ ശരണം ശ്രീകൃഷ്ണ ശരണം ഹരേശ്രീകൃഷ്ണ ശരണം ഹരേ വനമാലി കൃഷ്ണം വൈകുണ്ടഭാമം ഗോപാലൂടാമണിം ൃം വൈകുണ്ടാമം വേപാലോടാമണിം ഗോപാലോടാമണിം ശ്രീകൃഷ്ണ ശരണം ശ്രീകൃഷ്ണ ശരണം ശ്രീകൃഷ്ണ ശരണം ഭരേ ീകൃഷ്ണ ശരണം ശ്രീകൃഷ്ണ ശരണം ശ്രീകൃഷ്ണ ശരണം ഭജേ ശ്രീകൃഷ്ണ ശരണം ഭജേ കാർകരുമോദ്രം കമനീയ കൃഷ്ണം ഭജേ മൂദ്രം കമനഷം ഭജേ കമനഷം ഭജേ ശ്രീകൃഷ്ണ ശരണം ശ്രീകൃഷ്ണ ശരണം ശ്രീകൃഷ്ണ ശരണം ഭരേ ശ്രീകൃഷ്ണ ശരണം ശ്രീകൃഷ്ണ ശരണം ശ്രീകൃഷ്ണ ശരണം ഹരി ശ്രീകൃഷ്ണ ശരണം ഹരി ശ്രീകൃഷ്ണ ശരണം ശ്രീകൃഷ്ണ ശരണം ശ്രീകൃഷ്ണ ശരണം ഹരി ശ്രീകൃഷ്ണ ചരണകൃഷ്ണ ചരണകൃഷ്ണ ശരണം ഭരേ ശ്രീകൃഷ്ണ ശരണം ഭരേ ശ്രീകൃഷ്ണ ചരണം ശ്രീകൃഷ്ണ ചരണം ശ്രീകൃഷ്ണ ശരണം ഹരേ ശ്രീകൃഷ്ണ ശരണ ശരണകൃഷ്ണ ശരണം ഹരേ ശ്രീകൃഷ്ണ ശരണം ഹരേ ശ്രീകൃഷ്ണ ശരണ ശരണം ശ്രീകൃഷ്ണ ശരണ ശരണകൃഷ്ണ ശരണ ശരണ ശ്രീകൃഷ്ണ ശരണം ഹരിവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോകുന്ദ ഗോവിന്ദനാതാരമണ മുകുന്ദയുഗം പവന പുരേചാരാധാരൃഷ്ണരണേ തവ ചരണയുഗം ഹേശ്വരി പാർവതി ശങ്കരി തവച ചരണയുഗം സദാ ശിവ ശംഭോകര ശരണേരണയുഗം ഹരിഹര ഭൂത്ത ആശ്രതവര ശരണേ ചരണുഗം ധാരണമോവിന്ദുര ശരണം വേത ശരണയുഗം പവനർമ്മേശ രാധാഷണയുഗം ശരണം വേത ചരണയുഗം സർ ഗോവിന്ദനം ഗോവിന്ദ ഗോവിന്ദ വൈകുന്നേരം കൃഷ്ണാവതാര സമയത്ത് ആർക്കെങ്കിലും പറ നിറയ്ക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ സംഘാടകരായിട്ട് ബന്ധപ്പെടുക പിന്നീട് ആ സമയത്ത് വെണ്ണ പാല് തുടങ്ങിയുള്ള നിവേദിക്കണമെന്നുള്ളവരും സംഘാടകരായിട്ട് ബന്ധപ്പെടുക ഇവിടെ നിവേദിക്കാവുന്നതാണ് പിന്നീട് പുഷ്പാഞ്ജലിക്ക് കൊടുത്തവർക്ക് അത് വാങ്ങിക്കാം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം